ം പത്തൊൻപത് രാജാവ് അബ്സാലൂമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് യോവാബ് കേട്ടു എന്നാൽ രാജാവ് തന്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായിത്തീർന്നു ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് ണിച്ച് ഒളിച്ചും വരും പോലെ ജനമന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചുകടന്നു രാജാവ് മുഖം മൂടി എന്റെ മകനെ അബ്ശാലോമേ അബ്ശാലോമേ എന്റെ മകനെ എന്ന് ഉറക്കെ നിലവിളിച്ചു അപ്പോൾ യോവാ അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത് ഇന്ന് നിന്റെയും നിന്റെ പുത്രി പുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു അബ്ശാലും ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന മരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തുവന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കാം നീ പുറത്തു വരാത്ത ഈ രാത്രി ആരും നിന്നോടു കൂടെ താമസിക്കുകയില്ല അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതുക്കൽ ഇരുന്നു രാജാവ് പടിവാതുക്കൽ ഇരിക്കുന്നു എന്ന് ജനത്തിനെല്ലാം അറിവുകിട്ടി സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു ഇസ്രയേല് താൻ താങ്കളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ച് രാജാവു നമ്മെ ശത്രുക്കളുടെ കൈയിൽ നിന്ന് രക്ഷിച്ചു ഫെലിസ്റ്റീരുടെ കൈയിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തരം ദ് രാജാവ് പുരോഹിതന്മാരായ സാദൂക്കിന്റെയും അബ്യാധാരന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത് രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത് രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രയേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു നിങ്ങളെന്റെ സഹോദരന്മാർ എന്റെ അസ്ഥിയും മാംസവുമല്ലോ രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പരായി നിൽക്കുന്നത് എന്ത് നിങ്ങൾ അമാസയോട് നീ എന്റെ അസ്ഥിയും മാംസവുമല്ലോ നീ യോവാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാപതി ആയിരിക്കുന്നില്ല ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ സകല യഹൂദാ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു ആകയാൽ അവർ നീയും നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങിവരുവിനെന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കൽ എത്തി രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദാ പുരുഷന്മാർ ഗിൽഗാലിൽ ബഹൂരീമിലെ ബന്യാമീന്യനായ ഗരയുടെ മകൻ ഷിമയിയും യഹൂദാ പുരുഷന്മാരോടു കൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു കൂടെ ആയിരം ബെന്യാമീന്യരും ഷൌലിന്റെ ഗ്രഹവിചാരകനായ സീബയും അവന്റെ പതിനഞ്ച് പുത്രന്മാരും ഇരുപത് വൃത്യന്മാരും ഉണ്ടായിരുന്നു അവർ രാജാവ് കാണുക കടന്നു ചെന്നു രാജാവിന്റെ കുടുംബത്തെ ഇക്കര കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരച്ചെന്നിരുന്നു അപ്പോൾ ഗേരയുടെ മകനായ ഷിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട് എന്റെ യജമാനൻ എന്റെ കുറ്റം എനിക്ക് കണക്കിടരുത് യജമാനായ രാജാവ് എരുശിലമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതെ അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു അതുകൊണ്ടിതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസെഫിന്റെ സകലാഗ്രഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാറെ സെരൂയയുടെ മകനായ അബിഷായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ഷിമയി അതുനിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു അതിനുതാവീത് സെരൂയയുടെ പുത്രന്മാരെ ഇന്ന് നിങ്ങൾ എനിക്ക് എതിരികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് ഇന്ന് ഇസ്രയേലിൽ ഒരുത്തനെ കൊല്ലാമോ ഇന്ന് ഞാൻ ഇസ്രയേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു പിന്നെ ഷിമയിയോട് നീ മരിക്കയില്ല എന്നു പറഞ്ഞു രാജാവ് അവനോട് സത്യവും ചെയ്തു ശൗലിന്റെ മകനായ മെഫി ബോഷേത്തും പൻവന്നു രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങിവന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യരുഷലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട് മെഫിബോശ്യത്തെ നീ എന്നോടു കൂടെ വരാതെയിരുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് യജമാനനായ രാജാവേ എന്റെ കൃത്യൻ എനെ ചതിച്ചു കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പെടണമെന്ന് അടിയൻ പറഞ്ഞു അടിയൻ മുടന്തനല്ലോ അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പ്രതിർഭവനമൊക്കെയും മരണയോഗ്യർ ആയിരുന്നു എങ്കിലും അടിയനെ അവിടത്തെ മേശയിങ്കൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കി രാജാവിനോട് ആവലാധി പറവാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളു രാജാവ് അവനോട് നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് നീയും സീബയും നിലം പകുത്തെടുത്തു ഓൾവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു മെഫി രാജാവിനോട് അല്ല അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ഗിലയാദ്യനായ ബർസില്ലായിയും രോഗേലീമിൽ നിന്ന് വന്ന് രാജാവിനെ യോർദാനക്കരെ കടത്തി യാത്രയയപ്പാൻ അവനോടു കൂടെ യോർദാൻ കടന്നു ബർസില്ലായിയും എൺപതു വയസ്സുള്ളൊരു വയോധികനായിരുന്നു രാജാവ് മഹനയമ്മിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചുകൊടുത്തു അവൻ മഹാധനികൻ ആയിരുന്നു രാജാവ് ബർസില്ലായിയോട് എന്നോടുകൂടെ പോരുക ഞാൻ നിന്നെ എരുശിലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു ബർസില്ലായി രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ ഞാൻ രാജാവിനോടു കൂടെ എരുശിലേമിൽ വരുന്നതെന്തിന് ഞാനിനി എത്രനാൾ ജീവിച്ചിരിക്കും എനിക്കിന്ന് എൺപത് വയസ്സായിരിക്കുന്നു നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയൻ അറിയാമോ സംഗീതക്കാരുടെയും സംഗീതകാര്യത്തുകളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന് അടിയൻ രാജാവിനോടു കൂടെ യോർദാൻ കടപ്പാനെ വിചാരിച്ചുള്ളു രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന് എന്റെ പട്ടണത്തിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇത അവൻ യജമാനനായ രാജാവിനോടുകൂടെ പോരട്ടെ നിനക്ക് പ്രസാദമായത് ചെയ്തു കൊടുത്താലും അതിന് രാജാവ് കിംഹാം എന്നോടുകൂടെ പോരട്ടെ നിന്റെ ഇഷ്ടപ്രകാരം ഞാനവന് ചെയ്തു കൊടുക്ക നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ സകല ജനവും യോർദാൻ കടന്നു രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി രാജാവ് ഗിൽഗാലിൽ ചെന്നു കിംഹാമും അവനോടുകൂടെ പോയി യഹൂദ ജനമൊക്കെയും ഇസ്രയേൽ ജനം പാതിയും രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന രാജാവിനോട് ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് പറഞ്ഞു അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട് രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ടു തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന് ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ അവൻ ഞങ്ങൾക്കുവല്ല സമ്മാനവും തന്നുവോ എന്നുത്തരം പറഞ്ഞു ഇസ്രയേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട് രാജാവിങ്കൽ ഞങ്ങൾക്ക് പത്തോഹരി ഉണ്ട് ദാവിദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാളധികം അവകാശവുമുണ്ട് നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചത് ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ുത്തരം പറഞ്ഞു എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രയേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരിക്കും